കഴിഞ്ഞ ദിവസം ആയച്ചാൽ ആശ്ചിത ദിഗാദി തന്നോ നിവർത്തന്ത സന്ദർഭം അനുസരിച്ച് പറയുകയാണെങ്കിൽ അനാഥചക്ര ചലദ് ഇതെല്ലാം പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ് അപ്പൊ ഈ പ്രത്യക്ഷ ഭ്രമം ഇത് പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ട് മാത്രമേ ഇതൊക്കെ നിവർത്തിക്കൂ ദിഗ്മോഹം ദുഃഖിന്റെ പ്രത്യക്ഷ ജ്ഞാനം കൊണ്ട് ദിഗ്മോഹം നിവർത്തിക്കത്തുള്ളൂ അനാഥചക്രത്തിലും ആ ഭ്രമം നിവർത്തിക്കണമെങ്കിൽ എന്താണോ അവിടുത്തെ തത്വം അതിന്റെ പ്രത്യക്ഷ ഞാന മറിച്ചാണെങ്കിൽ നോകൽ എന്നിട്ട് ഞാൻ അർത്ഥം പറഞ്ഞ പോലെ അല്ല ഇന്ന് പറയും ആപ്തവചന ലിംഗാതി അതിന്റെ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷ ിഗ് മുഹമ്മദ് വാദികൾ നിവർത്തിക്കത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയുന്നു രജ്ജുവിൽ സർപ്പജ്ഞാനം ഉണ്ടാകും ഒരാൾ പറയുകയാണ് ഇത് സർപ്പമല്ല രജ്ജുവാണെന്ന് പറഞ്ഞാൽ മതി ശാബ്ദാനം കൊണ്ട് സർപ്പഭ്രാന്തി നിവർത്തിക്കും അതുപോലെ മരുമരീചിക ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഇത് വെറും മരുഭൂമിയാണ് ജലമില്ല എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തി നിവർത്തിക്കുമോ ഇല്ല എന്നുള്ളതാണ് ഒരാൾ പറയുമ്പോ ആ കേൾക്കാറുണ്ട് ഭ്രാന്തി ആർക്കാണോ ഉണ്ടാകുന്നത് അയാൾക്കുണ്ടാകുന്നത് ഞാനാണ് ഈ ശബ്ദം ശബ്ദത്തിൽ ഒരാളെ മരുമരീക്ഷിക്കുക കണ്ടുകൊണ്ടിരിക്കുകയാണ് വേറെ അയാളോട് പറയുന്നത് മരുഭൂമിയാണ് ജലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ശബ്ദജ്ഞാനം ഉണ്ടാവും അയാളുടെ ഭ്രമം നിവർത്തിക്കുമോ ഇല്ലേയോ എന്നുള്ളതാണ് അവിടുത്തെ പ്രസി ശബ്ദങ്ങളുടെ ഭ്രമം നിവർത്തിക്കും നിവർത്തിക്കാത്തത് അയാളറിയില്ലേ ഓ ഇത് വെറും മരുഭൂമിയാണ് ഇവിടെ ജനമില്ല എന്ന് അയാളറിയില്ലേ അപ്പൊ അയാളുടെ ഭ്രമം മാറിയില്ലേ അറിഞ്ഞാലും വലിയ മൃഗം കാണും ഒരാൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പറയണു അതാണ് കിഴക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണം അതല്ല കിഴക്കതാ ഇതാണ് കിഴക്കെന്ന് പറഞ്ഞു കൊടുത്ത അയാളുടെ ഭ്രാന്തി ഇതാണ് കിഴക്കൻ അയാൾക്ക് ഞാനും ഉണ്ടാകത്തില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് കിഴക്ക് അതല്ല എന്ന് ആ ശബ്ദത്തിൽ നിന്ന് അയാൾക്ക് ശാബ്ദബോധം ഉണ്ടാകത്തില്ലേ അപ്പൊ ഇതാണ് കിഴക്കുന്ന അയാൾ അറിയത്തില്ലേ പിന്നെ എന്താ വ്യത്യാസം ഇവിടെ രജ്ജുവിന്റെ സർപ്പം രജുവിൽ സർപ്പജ്ഞാനം ഉണ്ടാകുന്നിടത്ത് ഒരാള് പറയണതായത് രജു ആണ് സർപ്പമല്ല എന്നൊരു ഞാൻ ബോധം ഉണ്ടാകുന്നു രജുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സർപ്പ ഭ്രാന്തി നിവർത്തിക്കുന്നു സർപ്പ പ്രതീതി നിവർത്തിക്കുന്നു സർപ്പ ഭ്രാന്തി നിവർത്തിക്കുന്നു ആ പ്രതീതി അച്ഛൻ മരുമരുചയം കടന്നുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരാൾ പറയണം ഇത് വെറും മരുഭൂമിയാണ് ജലമല്ലാന്ന് പറയുന്നത് അയാൾക്ക് ബോധം ഉണ്ടാകുന്നു ശബ്ദം ഞാനുണ്ടാകുന്നു ഇത് വെറും മരുഭൂമിയാണ് ജലമില്ലാന്ന് ബോധം ഉണ്ടാകുന്നു പറയുന്ന ആൾ ആപ്തനായിരിക്കും സത്യം പറയുന്ന ആളായിരിക്കും അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഞാനത് ശബ്ദവാദങ്ങളുണ്ട് അവിടെ കണ്ട് ബ്രഹ്മന്മാർ എന്ന് മനസ്സിലാക്കുന്നു ഇത് വെറും മരുഭൂമിയാണ് പക്ഷെ എന്താ രണ്ടും നിങ്ങളുടെ വ്യത്യാസം ആ അവിടെ പ്രതീതിയില്ല ഇവിടെ പ്രതീതി ഉണ്ടെന്നേ ഉള്ളൂ പ്രതീതി നിവർത്തിക്കുന്നില്ല ഗാന്ധി നിവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ തിഗ്രൂമ്മ അകടത്തും ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതാണ് കിഴക്കെന്ന് പറയുന്നു എന്റെ വാക്യം എന്ന് പറയുന്നത് ആപ്തവാക് സത്യം പറയുന്ന ആളാണെന്ന് അയാൾക്കറിയാം അയാൾക്കെന്ത് ബോധം ഉണ്ടാകുന്നു ഇതാണ് കിഴക്കന്ന് ഇത് കിഴക്കെന്ന് ബോധം ഉണ്ടാകുന്നു പക്ഷെ ബോധം ഉണ്ടായി കഴിഞ്ഞാലും വീണ്ടും അയാൾക്കെന്ത്ണ്ടാവും അതാണ് കിഴക്കെന്നുള്ള പ്രതീതി ഉണ്ടോ ഭ്രാന്തിയല്ല ഭ്രാന്തി നിവർത്തിക്കുന്നതിന് എന്ത് തുടരുന്നു ഭ്രാന്തി ഇങ്ങനെയുള്ള ശബ്ദം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളൂടി നിവർത്തിക്ക നിവർത്തിക്കില്ല എന്ന് പറയാൻ പറ്റിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അപ്പൊ ഇവിടെ അവരിന ഇല്ല അത് ഞാൻ എന്ത് വ്യാഖ്യാനിച്ചു എന്ന് വരും നിങ്ങളോട് വാങ്ങിക്കുന്ന താങ്കൾക്കൊന്നും മനസ്സിലായി ഞാൻ അങ്ങനെ അർത്ഥം പറഞ്ഞത് ില്ലല്ലേ ചൂടെ രണ്ടാമോണ്ടോ രണ്ടോ അവസാനം ചേർക്കാൻ രണ്ടാമത് ചേർക്കാൻ പറഞ്ഞു ബസ്വതില്ലോ അപ്പൊ അങ്ങനെ ചേർ ചേർത്തിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ചേർത്തില്ലെങ്കിൽ ശരിയാണെന്നാണ് പറയുന്നു മനസ്സിലായോ അവിടെ അനാഥ ചക്രം ഒരാൾ തീക്കൊള്ളി ചുഴറ്റിരുന്നു കാണുന്നതാണ് അതൊരു വൃത്തമായിട്ട് തോന്നുന്നു അപ്പൊ വേറൊരാൾ പറഞ്ഞത് വൃത്തമുണ്ട് അത് തീക്കൊള്ളി ചുഴറ്റുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവുമോ തീക്കൊള്ളി ചുഴറ്റുകയാണ് അപ്പൊ അവിടെ ഭ്രാന്തി മാറി പക്ഷേ പ്രതീതി മാറും ചുരട്ടിക്കൊണ്ടിരിക്കുന്നിടത്തോളമാണ് പ്രതീതി ഉണ്ടാവും അപ്പൊ ഭ്രാന്തി മാറുന്നിടത്ത് പ്രതീതി മാറണമെന്നില്ല രജിസ്രത്തിൽ അങ്ങനെയല്ല ഭ്രാന്തി മാറുന്നിടത്ത് പ്രതീതി മാറണം ഭാപ്തവചനം കൊണ്ട് ഭ്രാന്തി മാറാം അപ്പൊ അവിടെ ഭാവനീകാരൻ പറയുന്നത് എന്താണ് ഭ്രാന്തി പ്രത്യക്ഷമാണെങ്കിൽ പ്രത്യക്ഷമായി ഞാനുകൊണ്ട് മാത്രമേ ഭ്രാന്തി മാറത്തുള്ളൂ അപ്പോ ആപ്തവചനം അതുകൊണ്ട് ശ്രാന്തി മാറുന്നിടത്ത് പ്രത്യക്ഷം കൊണ്ടാണോ മാറിയത് പ്രത്യക്ഷ പ്രമാണം കൊണ്ടാണോ മാറിയത് പരമ്പരിചയില് ആപ്തവചനം കൊണ്ട് ഭ്രാന്തി മാറി പ്രമാണം എന്താണ് ശബ്ദപ്രമാണം കൊണ്ട് എന്ത് ചെയ്തു അവിടെ ഭ്രാന്തി പാമധികാരൻ എന്താ പറയുന്നത് പ്രത്യക്ഷ പ്രമാണം കൊണ്ട് മാത്രമേ മാറത്തുള്ള പ്രത്യക്ഷമായ ഭ്രാന്തി പ്രത്യക്ഷ പ്രമാണങ്ങളുടെ മാത്രം മരുമരീചിക സ്ഥലത്ത് അത് എന്തുകൊണ്ടാണ് അതിന് ഇത് സ്വാഭാവിക ഭ്രമം രജസർപ്പം എന്ന് പറയുന്നത് നിർവാധിക ഭ്രമമാണ് രജസർപ്പം സ്വാഭാവിക ഭ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ബാഹ്യമായി തന്നെ നിമിത്തങ്ങളുണ്ട് മരുഭൂമി ഉഷ്ണവായു സൂര്യപ്രകാശം ഇതൊക്കെ ആ നിമിത്തങ്ങളവിടെ നിലനിൽക്കുന്നുണ്ട് ശബ്ദപ്രമാണത്തിലൂടെ ഭ്രാന്തി മാറിയാലും പ്രതീകനാകും സ്വാഭാവിക ഭ്രഹത്തിൻ്റെ അപ്പൊ അവിടെ ഭ്രാന്തി മാറിയ എന്തുകൊണ്ട് എന്ത് പ്രമാണം കൊണ്ടാണ് ഭ്രാന്തി മാറിയത് ശബ്ദ പ്രമാണം കാരണം പറഞ്ഞപ്പോഴാണ് മാറിയത് ഒരാൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്ത് ഭ്രാന്തി മാറിയ ശബ്ദ പ്രമാണം ഈ ശബ്ദ പ്രമാണം കൊണ്ട് പ്രത്യക്ഷ പ്രമാണം കൊണ്ടേ ഭ്രാന്തി മാറൂ എന്ന് പറഞ്ഞ ഇവിടെ എന്തർത്ഥം കൊടുക്കുന്നപ്പോ ഇവിടെ അപ്പം പറയേണ്ടി വരും ഇവിടെ ഭ്രാന്തി മാറിയത് മനസ്സെന്ന് പറയുന്ന പ്രത്യക്ഷ പ്രമാണം മനസ്സെന്ന് പറയുന്ന അതാണ് നേരത്തെ ഭാഗതികാരം പറഞ്ഞ ദിശുമസ്തുമസി എന്ന് പറയുന്നിടത്ത് അവിടെ അയാളെ ഭ്രാന്തി മാറി പത്താമത്തോട് ജ്ഞാനെന്നുള്ള ബോധമുണ്ടായി ഭ്രാന്തി മാറി അപ്പൊ അവിടെ ജ്ഞാനം ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ഭ്രാന്തി മാറുന്നത് അപ്പൊ അവിടെ ശബ്ദപ്രമാണം കൊണ്ടാണ് ജ്ഞാനം ഉണ്ടായത് ഭ്രാന്തി മാറി എന്നാണ് ആര് പറയുന്നത് പക്ഷെ വാദികാര എന്ന് പറഞ്ഞു അവിടെയും വാങ്ങിയാലും പറഞ്ഞു മനസ്സാണ് കാരണം മനസ്സുകൊണ്ടാ മതി എന്തായ ശബ്ദപ്രമാണം കൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഭ്രാന്തി മാറുന്നതിന് മനസ്സാകുന്ന സംഭവിക്കുന്നത് അല്ലാതെ അനുമാനം ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങൾ കൊണ്ടല്ലെന്നാണ് ഇവിടെ പറയുന്നത് വ്യത്യാസം മനസ്സിലാകുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത്രയും വാപ്ത ലിംഗാതിയോ നിവർത്തന്ദേ നിവർത്തിക്കുന്നില്ല ആപ്തവജിനെ ശബ്ദ പ്രമാണം കൊണ്ട് ലിംഗം അനുമാന പ്രമാണം കൊണ്ടൊന്നും ബ്രഹ്മം നിവർത്തിക്കുന്നില്ല പക്ഷെ ഭ്രമം നിവർത്തിക്കുന്നതായി കാണുന്നുണ്ട് അപ്പൊ അവിടെ ബ്രഹ്മം നിവർത്തിക്കുന്നതിന്റെ കാരണം എന്താണപ്പോ മനസ്സ് ഇതാണ് പറയുന്നത് പത്താമൻ നീയാണെന്ന് ഉപദേശിക്കുമ്പോ അയാൾ അറിയുന്നു ഞാൻ പത്താമ ആ ഞാൻ അറിയുന്നു ഞാൻ പത്താമെന്നറിയുന്നു എന്തുകൊണ്ടറിയുന്നു മനസ്സെന്ന് പറയുന്ന പ്രമാണം കൊണ്ടറിയുന്നു മനസ്സുകൊണ്ടറിയും ആ ഉപദേശിച്ച ശബ്ദമുണ്ടല്ലോ ശബ്ദം കൊണ്ടല്ലോ അറിയുന്ന പറയുന്നത് വിവരണകാലം പറയുന്നത് എന്താണ് ശബ്ദം കൊണ്ട് അറിഞ്ഞു എന്നാണ് ഇതാണ് വ്യത്യാസം ശങ്കരായും ശബ്ദം കൊണ്ട് ജ്ഞാനം ഉണ്ടാവും സ്വീകരിക്കുന്നതാണ് ശ്രവണം കൊണ്ട് തന്നെ ഉണ്ടാവും എന്ന് ശങ്കരായും എടുത്തു പറയുന്നു എന്നാൽ ഇതേ ശങ്കരാചാര്യനെ എന്ത് പറയും മനസ്സാണ് കാരണമെന്നും പറയും ആചാര്യ ഉപദേശ സമസ്തമാതി സംസ്കൃതം മനേവ പ്രത്യക്ഷ കാരണം എന്നും പറയും രണ്ടു വർഷം പറയും ആചാര്യന്റെ ഉപദേശം ശമതമാരികൾ കൊണ്ട് സംസ്കരിക്കപ്പെട്ട മനസ്സാണ് പ്രമയ്ക്ക് കാരണം പ്രത്യക്ഷ പ്രമയ്ക്ക് കരണം എന്ന് ചുങ്ങരായു പറയും എന്നാൽ വാക്യത്തിൽ നിന്ന് തന്നെയാണ് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നതെന്നും പറയും രണ്ടു വർഷം പ്രമാണാന്തരം നാസ്തി ഇവിടെ വേറൊരു പ്രമാണം ഇല്ല എന്നുള്ള എന്നുള്ള പറഞ്ഞു ശബ്ദപ്രമാണമല്ലാതെ ശബ്ദപ്രമാണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുമെന്നും മാണ്ടൂക്കിയെത്തി പറയും ഭഗവത്ഗീത വരുമ്പോ എന്ന് പറയും മനസ്സാണ് കാരണമെന്നും പറയും രണ്ടഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരെന്തെയും രണ്ടു വർഷത്താകും ഭാഷ രണ്ടിൻ്റെയും ഭാഷയും ഒരാളായിരിക്കുക അങ്ങനെയാണ് പൊതുവെ കരുതുന്നത് ഗീതാ ഭാഷ എഴുതിയ ആള് തന്നെയാണ് അത് ഇനി ഗീത വേറെ ആരെങ്കിലും ആണ് ഗീതാ ഭാഷ എഴുതിയെങ്കിലും ഓക്കെ പക്ഷെ പൊതുവെ അറിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ ഗീതാ ഭാഷ ആണ് തന്നെയാണ് പാണ്ഡൂക്കിയ ഭാഷ സ്വീകരിച്ചിരിക്കുമ്പോൾ ഒരിടത്ത് ഏറെ പ്രമാണാന്തരം പ്രമാണാന്തരം വേണ്ട എന്ന് പറയുകയും ശബ്ദം മതിയെന്ന് പറയുകയും ഇവിടെ മനസ്സാണ് കരണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ രണ്ടു വർഷമുണ്ടാവും ശിഷ്യന്മാർ ശങ്കരാചാരന് പലയിടത്തും പരസ്പര വിരുദ്ധമായൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടന്നെ ശിഷ്യന്മാർ തമ്മിൽ പഠിക്കും എന്തുകൊണ്ടാണ് ഒരുപാടൊക്കെ പറയുമ്പോൾ ചിലപ്പോ ആദ്യം പറഞ്ഞത് ഓർമ്മ കാണത്തില്ല ഞാനിപ്പോ ഇങ്ങനെ കുറെ കാലം പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയൊക്കെ കുറയും ബ്രെയിനൊക്കെ ചെയ്യും അപ്പൊ ആദ്യം പറഞ്ഞായിരിക്കില്ല പിന്നെ പറയും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്തുകൊണ്ട് കുറെ കാലം കഴിയുമ്പോൾ ബുദ്ധിയും ഓർമ്മയൊക്കെ പോവും അങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ നിർത്തണമെന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ പറയണം നിന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പൊ പറയുന്നു എന്ന് പറഞ്ഞാൽ അന്നും നിർത്തും അല്ല എനിക്കറിയാൻ പറ്റിയില്ല ഞാനെന്ത് ചെയ്യും പറയും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും വേറെ എന്തെങ്കിലും പറയും ആദ്യം പറയുന്നു ഇപ്പൊ പറയുന്നു നാട്ടിൽ വ്യത്യാസം ഉണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിർത്തണം എന്നാണ് എൻ്റെ പ്ലാൻ പക്ഷെ അതറിയണമെന്നില്ല പറയുന്നു പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞത് ഇപ്പോ ഇപ്പം പറയുന്നത് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെ വ്യത്യാസം വരാ എന്തുകൊണ്ടത് എന്തുകൊണ്ടാണ് അതുകൊണ്ടല്ല ഞാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വിരുദ്ധമായിട്ട് ഇപ്പൊ ഇപ്പൊ ശങ്കരാചാര്യ ഗീത പഠിപ്പിക്കുമ്പോൾ പറയും മനസ്സാണ് കാണും പാണ്ഡോക്യം പഠിപ്പിക്കുമ്പോൾ പറയും ശബ്ദമാണ് കാണുന്നത് എന്റെ പുസ്തകത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരാട്ട പുസ്തകങ്ങളിൽ രണ്ടിടത്ത് രണ്ടഭിപ്രായം പറയും ഞാനത് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോ രണ്ടഭിപ്രായം വരുമ്പോൾ എന്റെ കുറ്റമാണ് അങ്ങനെ വരാതെ ഞാൻ പരസ്പര വിരുദ്ധമായി പറയണമെങ്കിൽ ഇപ്പൊ പണി നടത്തണം ഓർമ്മ ശക്തിയൊക്കെ പറയും പിന്നെ നിങ്ങളെടുത്താകുമ്പോ പറയാം എനിക്ക് ധൈര്യം ഉണ്ടെന്താണ് കൊണ്ട് പറഞ്ഞു ഇപ്പം പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം എനിക്ക് എത്ര താഴെ വേണോ പറഞ്ഞോണ്ടിരിക്കും നിങ്ങള് പറഞ്ഞറിയാൻ പോകുന്നേ ഞാൻ തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ടി അതുകൊണ്ടിവിടെ ഇങ്ങനെ രണ്ടു തരത്തിൽ വരാം എവിടെയാണോ ഭ്രാന്തി മാറുന്ന അവിടെയെല്ലാം മനസ്സിനെ കർണമായി ആ പ്രശ്നം തീർന്നു അത് കർണമല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് അവരോട് പറഞ്ഞു സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശബ്ദപ്രമാണത്തിന്റെ ഫലമല്ല പ്രത്യക്ഷത്തിന്റെ പ്രത്യക്ഷ പ്രമാണെന്ന് വെച്ചാൽ മനസ്സിന്റെ ഫലമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നു തത്വമസിവം പദാർത്ഥത്തെ തത്പദാർത്ഥമായി മനസ്സിലാക്കുക അത് അതാണ് ബ്രഹ്മ സാക്ഷാത്കാരം അങ്ങനെയാണ് നിത്യാസനം കൊണ്ടുണ്ടാവുന്നു നിത്യാസനത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത് ഒഴിഞ്ഞ നിത്യാസനവും സാക്ഷാത്കാരവും വ്യത്യാസം എന്താ പറഞ്ഞത് നിത്യാസനത്തിന്റെ നിത്യാസനത്തിന്റെ ഫലമാണ് സാക്ഷാത്കാരം പിന്നെ വേറെന്താ വ്യത്യാസം പറഞ്ഞു അത് പരോക്ഷം ഞാനാണ് സാക്ഷാത്കാരം പിന്നെന്താ വ്യത്യാസം പറഞ്ഞത് പിന്നെ വേറെന്താ പറഞ്ഞത് നീതിയാസനവും സാക്ഷാത്കാരവും സമാനതയുള്ള എന്താണ് രണ്ടും നിശയാത്മകമായ ഞാനാണ് ീത്യാസനം എന്ന് പറയുന്നത് നിശ്ചയാത്മകമാണ് നീതിയാസനം എന്തുകൊണ്ട് നിശ്ചയാത്മകമാകുന്നു എന്തുകൊണ്ട് ഒഴിയുന്നു മനനം കൊണ്ട് മനനം കൊണ്ട് ജ്ഞാന സംശയ വിജയങ്ങൾ ഒഴിയുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ധ്യാനം അവിടെ നിശ്ചയാത്മകമായ ജ്ഞാനത്തിന്റെ ആവർത്തിയാണ് നവംബർ മാസമിത് അത് പരോക്ഷമായ ജ്ഞാനമാണ് ഈ പരോക്ഷമായ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് സമാധി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അപരോക്ഷമായ ഒരു ജ്ഞാനം ഉണ്ടാവുമെന്ന് പറയുന്നത് ഇത് ഒരവകാശവാദമാണ് ക്ലയുമാണ് ആരുടെ അവർ പറയാനും ഞങ്ങൾക്കിങ്ങനെ ഉണ്ടാവുന്നു വേറെ ആൾക്കാർക്ക് പറയുന്ന ഞങ്ങൾക്കിങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല മനസ്സിലായേ മറ്റുള്ളവരൊക്കെ എന്താ പറയുന്നത് ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു അഹംബരമാസ്തി ഞാനും നിങ്ങൾ പറയുന്നതും എന്താവും എല്ലാം പക്ഷെ അദ്വൈതി എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടാവും അദ്വൈതി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്വൈതി പറയുന്നത് മറ്റവർ പറയുന്നത് എന്താണ് ഞങ്ങളാരും കണ്ടിട്ടില്ല പിന്നെ നിങ്ങളെങ്ങനെ കാണും ഞാൻ മറ്റുള്ളവർ ചോദിക്കുന്നു ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ത് പറയുന്ന തരത്തിലുള്ള ഏഹം ബ്രഹ്മാസ്ത്രമി അപ്രോക്ഷം ഞാൻ മറ്റുള്ളവർ ഞാൻ കണ്ടിച്ചുണ്ട് ഞാൻ മാത്രമേ കണ്ടിച്ചുള്ളൂ അത് ഒരു ക്ലെയിം അവകാശവാദവും അപ്പൊ അവിടെ ഒരു പ്രശ്നം വരും അങ്ങനെ ഒരു സാക്ഷാത്കാരം ഞാനും ഉണ്ടാവുകയാണെങ്കിൽ അത് നിത്യമാണോ അതോ ജന്യമാണോ ഞാൻ എന്താ അവരുകൂടി പറഞ്ഞ ജന്യമാണ് പറയുന്ന ഒന്ന് കേൾക്കുന്ന എന്തായാലും ഒരു വല്യ ഗുണമാണ് ഗുണമാണ് ഉപകാരമാണ് എന്ത് പറയുന്നതല്ല വിപരീതമായി തന്നെ ഒരു സംശയമില്ല നിശ്ചയാത്മകമായ ജ്ഞാനമാണ് വിപരീതമാണ് ജ്ഞാനം നിശ്ചയമാണ് ഉറപ്പാണ് എന്റെ ധൈര്യപാട്ടില്ലേ വിളിച്ചു പറയുന്നത് പൊട്ടത്തരം പറയുന്നതിനും ഒരു ഉളുപ്പല്ല അത് ജന്യമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അത് വൃത്തിയാണ് വൃത്തി വിശേഷം അത് ജന്യമാണ് അന്ധക്കരണത്തിന്റെ പരിണാമ ഭേദമാണ് വൃത്തി എന്ന് വെച്ചാൽ പരിണാമം ആ ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് വിഷയമാക്കുകയാണ് പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ ജ്ഞാനം വിഷയമാക്കിയാൽ ബ്രഹ്മം അങ്ങനെ സ്വയം പ്രകാശമാകും പുസ്തകം ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്തുകൊണ്ട് പുസ്തക സ്വയം പ്രകാശമല്ല ജ്ഞാനം അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് ജ്ഞാനം കഴിഞ്ഞ പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു അപ്പൊ ബ്രഹ്മത്തെയും ജ്ഞാനം വിഷയമാക്കിയാൽ ബ്രഹ്മത്തെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്നു അപ്പോ സ്വയം പ്രകാശമാണോ അപൂർവക്ഷമാണ് പറയുന്നതല്ല ഈ സ്വയം പ്രകാശം തന്നെയാണ് പന്തക്കരണ വൃത്തി ആകുന്ന സാക്ഷാത്കാരം ആ സാക്ഷാത്കാരത്തിൻ്റെ വിഷയമാണ് ബ്രഹ്മം ഇങ്ങനെയുള്ള ബ്രഹ്മം ആ ശുദ്ധ ബ്രഹ്മം ശുദ്ധ ബ്രഹ്മം അതിനെയാണ് വിഷയമാക്കുന്നത് അതാണ് വിഷയമാകുന്നത് പക്ഷെ അതുകൊണ്ടത് സ്വയം പ്രകാശമാകാതാകുന്നില്ല സ്വയം പ്രകാശം തന്നെ എന്നാണ് പറയുന്നത് ഏതുപോലെ ഇനി നിങ്ങൾ ശബ്ദപ്രമാണത്തിൽ നിന്ന് ശാബ്ദബോധം ഉണ്ടായി ശാബ്ദബോധത്തിന് വിഷയമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാലും ബ്രഹ്മം സ്വയംപ്രകാശം തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന അന്ധക്കർണ വൃത്തി പറഞ്ഞാൽ ഇനി ശാബ്ദബോധം എന്ന് പറയുന്നു അന്ധക്കർണ വൃത്തിയാണ് ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ശാബ്ദബോധം അതുകൊണ്ടാണ് അന്ധകർണ വൃത്തിയാണ് കാരണം ശാബ്ദബോധം അതെവിടെയാണ് ഉണ്ടാവുന്നത് അന്ധകർണവൃത്തിയാണ് അപ്പോ ങ്ങൾ അംഗീകരിക്കുന്ന അതിൻ്റെ വിഷയമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോഴേ ബ്രഹ്മം സ്വയം പ്രകാശമാണെങ്കിൽ അന്ധകർണവൃത്തിയുടെ വിഷയം എന്ന് പറയുന്നവർക്ക് ബ്രഹ്മം സ്വയം പ്രകാശം തന്നെയാണ് സർവോപാധിരഹിതം ഹേ സ്വയം ജ്യോതിർതി ഗീതേ നത് ഉപാധിയോടുകൂടിയിരിക്കുമ്പോ അന്ധക്കരണമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുമ്പോ അത് സ്വയം പ്രകാശമല്ല അന്ധക്കരണമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുമ്പോ അത് സ്വയം പ്രകാശമല്ല അന്ധക്കരണം ഉപാധി രഹിതമായിരിക്കുന്നു ഉപാധി ഇല്ലാതിരിക്കുന്നതാണ് സ്വയം പ്രകാശം ാണ് പറയുന്നത് സർവോപാധിരഹിതം ഹി സർവോപാധിരഹിതമായി ബ്രഹ്മമാണെന്താ സ്വയം ജ്യോതിരി ഉപഹിതം എന്ന് വെച്ചാൽ ഉപാധിയോട് കൂടിയത് അത് എന്ന് വെച്ചാൽ സ്വയം പ്രകാശം അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് എപ്പോഴാണോ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുന്നു ബ്രഹ്മാകാര പറയുന്നത് എന്ത്യുന്നു സാക്ഷാത്കാരം ബ്രഹ്മാകാര വൃത്തിയാണ് സാക്ഷാത്കാരം ആ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുമ്പോ ആ ബ്രഹ്മത്തിന് ബ്രഹ്മാകാര വൃത്തി ഉപാധിയാകുന്നു കാരണം ബ്രഹ്മ വിഷയമായിട്ടല്ലേ ഉണ്ടാകുന്നു ബ്രഹ്മത്തിന് സ്വാഭാവികമാകുന്നുണ്ട് വൃത്തി ഏതൊരു ബ്രഹ്മത്തെ വിഷയമാക്കുന്നത് ആ വൃത്തി തന്നെ ഉപാധിയായിരിക്കും ഇവിടെ ഇത്തിരി കുഴപ്പം പിടിച്ച കേസുകളാണ് എന്തിനീ പറയുന്ന സമാധി സാക്ഷാത്കാരം ഈ ഇടപാടുകളെല്ലാം അദ്വൈതി യുക്തിയിലൂടെ വിശദീകരിക്കുകയാണ് അത് എത്രയൊക്കെ യുക്തിയിലൂടെ വിശദീകരിച്ചാലും പ്രശ്നങ്ങളുണ്ട് യുക്തിക്ക് കുഴപ്പങ്ങൾ വരും അപ്പോ സാക്ഷാത്കരിക്കുന്ന എന്തിനാണ് നിരുപാധികമായ ബ്രഹ്മമാണോ അതോ സ്വാഭാവിക ബ്രഹ്മമാണ് അപ്പോ പറയും അദ്വീതി സമാധിയിൽ അറിയുന്നത് എന്താണോ കേവല ബ്രഹ്മത്തെയാണ് ശുദ്ധ ബ്രഹ്മത്തെ ശുദ്ധ ബ്രഹ്മത്തെയാണ് അറിയുന്നത് അപ്പൊ ഉപാധിയുണ്ടോ ഉപാധിയുണ്ട് എന്ത് ഉപാധി അന്ധക്കർണവൃത്തി അപ്പൊ അതാണ് അവിടുത്തെ അന്ധക്കരണവൃത്തി എന്ന് പറയുന്നത് ഉപാധിയുണ്ട് അതാണ് വൃത്തി എന്നൊരു വൃത്തിജ്ഞാനും ബ്രഹ്മത്തെ അറിയുന്നു അറിയുന്നതേ ബ്രഹ്മത്തെ ശുദ്ധം ബ്രഹ്മ അപ്പൊ ഉപാധിയുണ്ടല്ലോ അപ്പൊ ഉപാധി അറിയുന്നില്ല എന്നൊരു ചോദ്യം ഉപാധി ഉണ്ടോ പക്ഷെ ഉപാധി അറിയത്തില്ല പിന്നെ എന്തിനെ അറിയത്തുള്ളൂ ശുദ്ധബ്രഹ്മത്തെ കൊണ്ടാണ് പറയുന്ന അഖണ്ഡാകാര വൃത്തിയാണ് അഖണ്ഡം ശുദ്ധബ്രഹ്മം അതിനെ വിഷയമാക്കുന്ന വൃത്തി അവിടെ വൃത്തി ഉണ്ടെങ്കിലും വൃത്തി അറിയത്തില്ല ശുദ്ധ ബ്രഹ്മത്തെയാണ് അറിയുന്നത് അങ്ങനെ ഒരു വ്യാഖ്യാനം അല്ല ഇനി ആ വൃത്തിയെ കൂടെ അറിയുന്നു എന്ന് പറഞ്ഞാലോ എന്താ ഉടപ്പം അവിടെ ദ്വൈതം വരും വൃത്തിയെ അറിയുന്നു ബ്രഹ്മത്തെ അറിയുന്നു അപ്പൊ എന്ത് വരും ദ്വൈതം ഞാനാകും അപ്പൊ ബ്രഹ്മത്തെ അറിയണം വൃത്തിയെ അറിയാൻ പാടില്ല ഇപ്പോഴാണ് അങ്ങനെ എന്താണ് അഖണ്ഡാകാര വൃത്തി അഖണ്ഡമായ ബ്രഹ്മത്തെ വിഷയമാക്കുന്ന വൃത്തി എന്നാണ് എന്നാൽ ഇവിടുത്തെ കുരുക്ക് ഉപഹിതമായിരിക്കുന്നു ഉപാധിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മമാണ് വൃത്തിക്ക് വിഷയമാകുന്നത് പക്ഷേ ഉപാധി വൃത്തിക്ക് വിഷയമാകത്തില്ല മനസ്സിലായ എന്ത്യാണ് എന്നാ ഉപാധിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മത്തെയാണ് എന്ത് ചെയ്യുന്നത് അറിയുന്നത് അപ്പൊ ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ബ്രഹ്മം സ്വയം പ്രകാശമാണ് സ്വയം പ്രകാശമായിരിക്കുന്ന ഏതാണ് ഉപാധി രഹിതമായ ബ്രഹ്മമാണ് അപ്പൊ അറിയുമ്പോ ബ്രഹ്മവും രണ്ടും അറിയുന്നുണ്ടോ അപ്പൊ പിന്നെ അറിയുന്നതിനെ ഉപാധി രഹിതമായ ബ്രഹ്മത്തെ മനസ്സിലായേ അവിടെ വൃത്തിയെ സ്വീകരിക്കണം ബ്രഹ്മത്തെ സ്വയം പ്രകാശമായി സ്വീകരിക്കണം അറിവിന് ദ്വൈതം വരാൻ പാടില്ല അറിവ് അദ്വൈത അനുഭൂതിയായിരിക്കണം ഇതെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും എന്തെന്നാണ് ആ ബ്രഹ്മമാണ് വൃത്തിക്ക് വിഷയമായിരിക്കുന്നത് ഉപഹിതമായിരിക്കുന്ന ബ്രഹ്മം സ്വയം പ്രകാശം എന്നാൽ വൃത്തി ബ്രഹ്മത്തെ വിഷയമായിരിക്കുമ്പോൾ ശുദ്ധമായ ബ്രഹ്മത്തെയാണ് വിഷയമാക്കുന്നത് ഉപാധിയെ അല്ല അപ്പോ ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും അപ്പോ ഉപാധിയോടുകൂടിയിരുന്നാൽ അവിടെ വൃത്തി വിഷയത്തും വരും അനുപഹിതമാണെങ്കിൽ സ്വപ്രകാശത്തും വരും ഇത് അഹസ്മ ഭഗവാൻ ഭാഷകാല ഭാഷകാലൻ പറഞ്ഞു നായം ഏകാന്തനാ വിഷയ ഈ അജ്ഞാനാവസ്ഥയിലും ബ്രഹ്മം പൂർണ്ണമായും അവിഷയമല്ല ബ്രഹ്മത്തെ അറിയുന്നുണ്ട് ബ്രഹ്മത്തെ എങ്ങനെ അറിയുന്നു മുമ്പ് പറഞ്ഞു അജ്ഞാനാവസ്ഥയിൽ ബ്രഹ്മത്തെ എങ്ങനെ അറിയുന്നു എങ്ങനെ അറിയുന്നു അഹത്തിന്റെ ആശ്രയമായിട്ടറിയും ആ ക്ലാസ്സൊന്നും എനിക്ക് അയച്ചിരിക്കണത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല എങ്ങനെ അറിയും അഹത്തിന്റെ ആശ്രയമായിട്ടറിയും അജ്ഞാനാവസ്ഥയിൽ അഹത്തിന്റെ അവലംബനമായിട്ടറിയും അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഭാഷയത്തിൽ പറഞ്ഞു മൂലത്തിൽ നയം നയം ഏകാന്തേന വിഷയ അസ്മത് പ്രത്യ വിഷയത്തോ അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന യഥാസ്മ ഭഗവാൻ ഭാഷകാര ഭാഷകാരനും ഭാഷ്യത്തിൽ പറയുന്ന ഈ മേകാന്തിന് ആവശ്യം അപ്പൊ ബ്രഹ്മം വിഷയമാകുന്നുണ്ട് അപ്പോ അജ്ഞാനാവസ്ഥയിലും ബ്രഹ്മം വിഷയമാകുന്നു അതാണ് അഹം എന്നറിയുന്നത് പക്ഷെ അത് ഉപഹിതമായ ബ്രഹ്മമാണ് അറിയുന്നത് അവിടെ ഉപഹിതമായ ബ്രഹ്മത്തെ തന്നെ അറിയുന്നു പക്ഷേ പക്ഷെ അഖണ്ാകാരവൃത്തിയിൽ അറിയുമ്പോ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു അവിടെ ഉപഹിതമാണ് ബ്രഹ്മമെങ്കിലും അറിയുന്നത് എന്തിനാണ് ശുദ്ധമായ ബ്രഹ്മത്തെ ഉപാധി അവിടെ ഉണ്ടെങ്കിലും കണ്ടാകാതെ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോ ഉപാധി ഉണ്ടെങ്കിലും ഉപാധി അറിയുന്നില്ല ശുദ്ധ ബ്രഹ്മത്തെ അറിയുന്നുള്ളൂ അഞയടിലനായടകയളാ 돼 ആയിനവനൂകാബറനന൅്൵� ഛണ്овой വൃട് moeten affiliated നൎളിയണ espe誌 നowan ന ജകള ചിയനഎന ണായം മറശവിന � block och 준 നെ ധന് നന് ഹഷ misma യി നന് Scientists对貝 ന ടിയന് എന്നാ സർവോപാധി വിമോഹ സർവോപാധി നാശം സംഭവിക്കുന്നുണ്ട് അവിടെ അവിടെ ഉപാധിയുണ്ട് എന്തുണ്ട് എന്തുപാധിയുണ്ട് അന്ധകരണമാകുന്ന ഉപാധിയുണ്ട് സാക്ഷാത്കാരത്തിൽ ഉപാധിയുണ്ട് എന്നർത്ഥം അതുകൊണ്ട് എന്തുവരുന്നു സ്വാഭാവികമായ അറിയുന്നു എന്നാൽ അറിയുന്നത് അറിയുമ്പോൾ തന്നെ അറിയില്ല ആ അറിവിൽ ഉപാധിയില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ എന്താണ് നിരുപാധികമായ ബ്രഹ്മമാണെങ്കിൽ അതിനെ അറിയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് വൃത്തിയില്ലാത്ത വൃത്തിയല്ലേ അറിയുന്നത് വൃത്തി കൊണ്ട് ബ്രഹ്മത്തെറുമ്പം വൃത്തിയല്ല ബ്രഹ്മത്തിന്റെ ഉപാധിയാവും വൃത്തിയില്ലെങ്കിലോ എന്നുള്ള അറിവുണ്ടോ വൃത്തിരഹിതമായ ബ്രഹ്മം അതാണ് വൃത്തിശൂന്യോയും ബ്രഹ്മ കേവലം അവിടെ അറിവില്ല നിർമ്മാണ ദർശനത്തിൽ പറയും വൃത്തിശൂന്യമായിരിക്കുന്ന കേവലമായ ബ്രഹ്മവും പറയുമ്പോൾ എന്താണ് അവിടെ അറിവേ ഇല്ല അവിടെ ബ്രഹ്മം മാത്രമേ എന്ന് പറയുന്നത് ഗാന്ധക്കണ് കൊടുത്തു നോക്കി ഹസ്യ സാക്ഷാത്കാരെ പറയുന്നു അന്ധക്കണംവിടുത്തെ സാക്ഷാത്കാരത്തിൽ തദുപാധേർ വിനശ്ചിതവസ്ഥോ പര ഉപാധിവിനോധിനോ വിദ്യമാനത്ത സാക്ഷാത്കാരത്തിൽ ഉപാധി എവിടെയുണ്ട് ഏതാണ് അവിടുത്തെ ഉപാധി വൃത്തി വൃത്തിയുടെ ആവശ്യം എന്തിനാണ് അറിയുന്നു അജ്ഞാനത്വം നശിപ്പിക്കുന്നു അജ്ഞാനത്തെ അവിദ്യയെ നശിപ്പിക്കുന്നു അവിദ്യയെ നശിപ്പിക്കാനാണ് വൃത്തി ലാസ് തീർച്ചയായിട്ടും ഓണ ഇത് <laughs> ആ